രണ്ട് കടലുകൾ തുല്യമല്ല ഇതിലൊന്ന് മധുരമുള്ളതും കുടിക്കാൻ സുഖമുള്ളതുമാണ് മറ്റൊന്ന് ഉപ്പുള്ളതും കൈപ്പുള്ളതുമാണ് ഇവ രണ്ടിൽ നിന്നും നിങ്ങൾ മൃദുവായ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ ധരിക്കാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു അള്ളാഹുസുഹാനഹുവ തയ്യാലായുടെ അനുഗ്രഹം തേടി നിങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ അതിൽ പോകുന്നത് നിങ്ങൾ കാണുന്നു നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണത്